കടലിലെ വേട്ടമൃഗങ്ങളും അതിന്റെ ഭക്ഷണവും നിങ്ങൾക്കും യാത്രക്കാർക്കും ഉപകാരത്തിനായി നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന കാലത്തോളം കരയിലെ വേട്ടയാടൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുന്ന അള്ളാഹു സുബാർഹുവത്ത ആലായി നിങ്ങൾ സൂക്ഷിക്കുക